അതിന്റെ യാഥാർത്ഥ്യം വെളിപ്പെടുകയല്ലാതെ അവർ മറ്റെന്തെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ അതിന്റെ യാഥാർത്ഥ്യം വെളിപ്പെടുന്ന ദിവസം മുമ്പ് അതിനെ മറന്നവർ പറയും നമ്മുടെ രക്ഷിതാവിന്റെ ദൂതന്മാർ സത്യവുമായി വന്നിരിക്കുന്നു നമുക്കുവേണ്ടി ശുപാർശ ചെയ്യാൻ ശുപാർശകരുണ്ടോ അതോ നാം തിരിച്ചയക്കപ്പെട്ട് മുമ്പ് ചെയ്തിരുന്നതല്ലാത്ത മറ്റൊന്നു ചെയ്യണമോ അവർ തങ്ങളെത്തന്നെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു അവർ കെട്ടിച്ചമച്ച കാര്യങ്ങൾ അവരിൽ നിന്ന് അകന്നുപോയിരിക്കുന്നു